അങ്ങനെയാകട്ടെ അള്ളാഹുസ്ബഹാനഹുവ ചഅാലയുടെ വിശുദ്ധിയുള്ള കാര്യങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കുന്നുവെങ്കിൽ അതവന്റെ രക്ഷിതാവിൻറെ അടുക്കൽ അവൻ ഉത്തമമാണ് നിങ്ങൾക്ക് വായിച്ചു തന്നതൊഴികെ കന്നുകാലികൾ നിങ്ങൾക്ക് അനുവദനീയമാക്കിയിരിക്കുന്നു അതിനാൽ വിഗ്രഹങ്ങളാകുന്ന മാലിന്യങ്ങളെ നിങ്ങൾ വെടിയുക വ്യാജമായ വാക്കുകളെയും വെടിയുക